དས དས དེ དོ དེ དེ പ്രവൃത്തമാകുമതി ബാധ്യത അവിടെ വിചന്ദ്രജ്ഞാനം ഉണ്ടാകുന്നു അതാവുന്ന വിവരം കൊണ്ട് ഒരാളുടെ ജന്ത്രങ്ങളും അപ്പൊ വേറെ ആളുകളും അല്ല ഇത് ചന്ദ്രനാണ് വിവരങ്ങൾ ഉണ്ടാകുന്നത് റിഞ്ഞു അത് വീണ്ടും നോക്കുമ്പോൾ രണ്ട് ചന്ത പക്ഷെ അയാൾക്ക് മുമ്പുണ്ടാകുന്നതിനുള്ള അത്ഭുതം അതൊന്നും വേണ്ടില്ല അത് മനസ്സിലായതുകൊണ്ട് വീണ്ടും ഇതൊരു ചന്ദനെ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ട് പിന്നെ അയാൾ അത്ഭുതം കൊണ്ട് സംഭവിക്കുന്നു എന്തുകൊണ്ട് ബാധിതം അനുക പിന്നെ അയാൾ അങ്ങനെ പ്രത്യേകത ഉണ്ടാക്കുന്നത് അത് സത്യം മനസ്സിലാക്കി ശരിക്കണം പിന്നെയാണ് ഇത് കണ്ടിട്ട് അതിയിക്കുകയോ നിലവിളിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ട് അത് സത്യം മനസ്സിലാക്കി എൻ്റെ ബന്ധമേ ഉള്ളൂ പിന്നെ അങ്ങ് അച്ചരിയായിരുന്നോണ്ടാകുന്നില്ല എന്നത് ഇതാണ് അനുവർത്തമാനങ്ങളും അനുവർത്തിച്ചാലും പ്രബല പ്രമാണ പ്രബല പ്രമാണെന്ന് പറയുന്നത് അടുത്ത ഈ നാളുകളായിട്ട് പരിചയത്തിന്റെ ഉള്ളൂ പ്രബലമായ പ്രമാണവും ബാധ്യത ആ വ്യക്തി അത് ഒന്നും ചേരും വ്യത്യാസമുള്ള പറയുന്നത് എന്തെങ്കിലും തല അനുഭവപ്പെട്ടിരിക്കും ചിലവഴിയും വിശ്വസിക്കും സത്യം പറ്റില്ല അത് ശേഷിയാണ് നമ്മൾ ഇതല്ല അതിലിന് പറയുന്നത് ജന ഉണ്ടാകാതെ ബാധ്യതമാണ് വീണ്ടും പ്രവേശനം ഉണ്ടാകുന്നു അത് അയാളുടെ വ്യത്യാസം ഉണ്ടാകുന്നു ഇതുണ്ടാകും സത്യം ബത്സരം അതിൽ നിന്ന് പറഞ്ഞു ആ ജവത്ത് അയാളെ ബന്ധിക്കുകയാണ് പ്രചാരി പറയുക എന്താണ് ഉദാഹരണത്തിനെന്താ ശരിയാണ് പ്രജ്ഞാനത്തിന് എന്ത് ശരിയാണ് പിന്നെ വേദജ്ഞാനസ് സദർശനസ് സദാർത്ഥസ് ആ പാരമാർത്ഥങ്ങൾ വേണ്ട വസ്ത്രയാഥാർത്ഥവും ജ്ഞാനം ഏഷ്യ മാതൃകളുടെയും ബ്രഹ്മജ്ഞാതിരെയാണ് ഉദാഹരണത്തിന് ശരിയായി അതുകൊണ്ട് ബ്രഹ്മജ്ഞാനത്തിന് ശരിയാകും എന്തുകൊണ്ട് ഇതൊക്കെ ഭേദജ്ഞാന സമയം ഇവിടുത്തെ ധാർമ്മികൂടെയും ഭേദജ്ഞാനമാണ് തത്വീകരണ സംശയമാണ് അതിന്റെയും ഭേദമാണ് അസവിശേഷം പ്രപഞ്ച അനുഭവം നാനാത്വ അനുഭവം വെറും ജേതും അതിനെയും പ്രപഞ്ചം തന്നെ സദാർയാണക്കാർ അപാരമാക്കി നമുക്ക് ചെയ്യുന്ന ജ്ഞാനം അതിനു വിഷയമായിരിക്കുന്ന വേദം അതിനു കാരണമായിരിക്കുന്ന അജ്ഞാനം മൂന്ന് പാരമാർഗ്ഗം വേണ്ടി പരമാർത്ഥ അദ്വേദങ്ങൾ വേണ്ട ജ്ഞാനം വേദം ും വേദങ്ങളും കർമ്മമായ പരമാത്മാകുന്നത് വസ്ത്ര യാഥാർത്ഥ്യം ഞാന വസ്തു യാഥാർത്ഥ്യം ഞാൻ വിരം തന്നെ അന്ത മാസമുള്ള ജ്ഞാനവും എല്ലാം നശിച്ചു മൂന്നും നശിച്ചു കാരണവും നശിച്ചു കാര്യവും നശിച്ചു കാരണമായ ആജ്ഞാനന്ദസിച്ചു കാര്യമായ ഏതജ്ഞാനവും വിഷയവുമായ പ്രതി അന്വേഷിച്ചു ഞാൻ കഥ ചെയ്തത് ബാധ്യത ആലോചിക്കാൻ സംഭവിച്ചു ഒരു തേന് ബാധ്യത പറയുന്ന ഉദാഹരണത്തിന് ശരിയാണ് അവിടെ ബാധ്യത ആരോഗ്യ സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് കാരണമായിരിക്കുന്ന ദോഷം അത് യഥാർത്ഥമാണ് കാജദോഷമുണ്ടെങ്കിൽ സത്യമാണ് അങ്ങനെ കാചദോഷമുണ്ടെങ്കിലും ബാധ്യതകൾ സംഭവിക്കാം പക്ഷെ ഇവിടെ നിങ്ങൾ പറയുന്ന കാരണം എന്താണ് അദ്ദേഹം പറയുന്നത് ഈ ഭേദജ്ഞാനത്തിന് എന്താ കാരണം അജ്ഞ നിർദ്ദേശിക്കും ഉദാഹരണത്തിന് ോഷം തിമിരം അത് നശിച്ചില്ല അത് നശിക്കാൻ അത് വിദ്യയായി അത് വീണ്ടും ഉണ്ട് അതുകൊണ്ട് ബാധിതമായ അണവർക്കും എന്താ ശരിയാണ് പിന്നെ അത് ബാധിക്കുന്നതിന് അത് ശരിയാണ് ഉദാഹരണം ഇഷ്ടാന്തം അത് ശരിയായ നമ്മുടെ സിദ്ധാന്തം സിദ്ധാന്തത്തിൽ പേരെയാണ് സിദ്ധാന്തത്തിന് കാരണമായിരിക്കുന്ന എന്താണ് ഞാനും അഭിമുഖം അല്ലെങ്കിൽ ബാധിത അനുവർത്തി ഡി സർപ്പം പോലെ അവിടെ എന്താണെന്ന് സത്യമായ കാരണമൊന്നുമില്ല അഞ്ചാലാണെന്നും അഞ്ചാണെന്ന് കാരണം അഞ്ചാനന്ദ്രാധിതാനുമൂർത്തി ർപ്പമില്ല തൃപ്തികാരം ജനം ഇല്ല അവരുടെ പറഞ്ഞു എന്റെ ബാധ്യത എന്ന് പറഞ്ഞു ഓരോ ഇക്കാര്യത്തിൽ സംഭവിക്കുക ഏതൊരു ഉദാഹരണം കൊണ്ടാണോ ഇങ്ങനെ സമ്മർദ്ദിക്കാൻ വേണ്ടിയത് ചന്ദ്രജ്മസൂത്ര ഭാഷയായി അതേ ഉദാഹരണം കൊണ്ടുവന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറയുന്ന സിദ്ധാന്ത ശരി ബാധ്യത അനുമതി ഇല്ലെങ്കിൽ പിന്നെ ഏത് മീനിയേത് ശിഷ്യ ഭഗവാൻ ഏത് അർജുന ഉപദേശിച്ചു ഏത് ഭഗവാനെ ഒന്നുകൂടെ ഇല്ലല്ലോ ബ്രഹ്മം മാത്രം ഉപദേശിക്കാൻ പോലും ഇല്ല കേൾക്കാനൊരു എന്തെങ്കിലും ദോഷം പറയാനുണ്ടോ ഞാൻ സർക്കൂടണം പറഞ്ഞു കഴിഞ്ഞാൽ വാദ്യലാകെ സംഭവിക്കുക ധിചന്ദ്രനാണ് ഏതാകുലം കൊണ്ട് സംഭവിക്കുക രണ്ടായിരം അദ്വൈതി പറയുന്ന രീതിയിൽ ബാധ്യത അനുവദി സംബന്ധിച്ചിരുന്ന ബാധ്യത അനുവർത്തി ഇല്ലേ ഇത് ഗുരുവില്ല ശിക്ഷരമില്ല ഉപദേശമില്ല എന്ന പരിപാടിയിൽ ഇതിനൊന്ന സിദ്ധാന്തം ആരും പറയത്തുമില്ല ആരും കേൾക്കത്തുമില്ല അതുകൊണ്ട് പറയുന്നു ഇതുവരെ പറയാൻ ഇപ്പോൾ സന്ദരി അഥ സർവേശ്വരസ് വികാരം പരമ്പരായ തത്വജ്ഞാനം അസ്ഥി ചെയ്യും ഞങ്ങൾ പറയണം ഇവിടെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണപരമാണ് ഭഗവാൻ തത്വജ്ഞാനം ഉണ്ടെന്നാണ് എന്ന് പറയണത് ഭഗവാൻ ഈ തത്വം ഇല്ലാന്ന് അത്വൈതി പറയുന്ന ഒരു തത്വാനം ബ്രഹ്മസത്യം ജഗത്മീത്യ എന്ന ഭഗവാനില്ല പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു പരമ്പരയിൽ ആർക്കും ഉണ്ടായിട്ടില്ല ഏറ്റവും വഴി ഉണ്ടാകാൻ യാതൊരു വഴി എന്ന് പറയുന്നത് സതേശ്വരസ് ഇതാഹീതനൊക്കെ ഒരു പരമ്പര ആയ ണ്ടെന്ന് പറയെ ഇല്ല ഇനി ഉണ്ടെന്ന് പറയണേ ഇങ്ങനെ ഒരു തത്വം ഞാനില്ലെന്നാണ് ബ്രഹ്മസത്യൻ്റെ വന്നിരിക്കാമെന്നൊരു തത്വം ഞാനില്ല ഇനി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ വേദദർശന തസംഭവ നമ്മുടെ തത്വം ഞാനനുസരിച്ച് തന്നെ ഭഗവാൻ അങ്ങനെ ഉപദേശിക്കാനോ അത് പറ്റത്തില്ല പിന്നെ വിവേദർശനം ഇപ്പൊ പറഞ്ഞല്ലോ തത്വവാഹം ജാതനാസം എന്നൊന്നും പറയാനായിട്ട് വേദദർശനം തത്കാലിക ഉപദേശാദി അസംഭാവം ഈ കഴിഞ്ഞ പറഞ്ഞിട്ട് പറഞ്ഞ പറയാൻ പറ്റില്ല എന്നോട് തപ്പറ്റാ പറയുന്നത് അഭേദ ദർശനം ഭവാനത്തെ ഉപദേശിക്കുന്നത് വേദദർശനമാണ് ഈ ഭേദദർശനമാണ് കത്ത് ഞാൻ ഉപദേശിച്ചു അഭേദ ദർശനമാണെങ്കിൽ ഉപദേശിക്കാൻ പറ്റില്ലെങ്കിൽ ആ ദർശനം ഉണ്ടായപ്പോൾ തന്നെ ഭേദദർശനം അവസാനിച്ച് പ്രമചനം ശിഷ്യൻ പക്ഷെ ഇവിടെ തത്വാനുണ്ടായതിനു ശേഷം എല്ലാം ഉപദേശിക്കുന്നത് ഭേദദർശനം എന്തെങ്കിലും ഉപദേശിച്ചു അതില്ലല്ലോ ഞാൻ നീ എന്ന് എല്ലാം പറയാൻ പറ്റും ആ തത്വജ്ഞാനം ഉണ്ടെങ്കിൽ ഭേദദർശന കാര്യം ഉപദേശം രസം ഇവിടെ ഞാൻ നീ എന്ന് പറയും യുദ്ധത്തിന്റെ കാര്യം പറയും സ്വധർമ്മത്തിന്റെ കാര്യം പറയും നിരവധി സാധനങ്ങളെന്ന് വെച്ച് പറയുന്നു ഇതൊന്നും ജയകദർശനത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഇതൊന്നും പറയാൻ കഴിയില്ല ഇനി നസ്തി ഇനി അങ്ങനെയൊരു തത്വജ്ഞാനം ഇല്ലെന്ന് പറയുന്നു തത്വജ്ഞാനം ഉണ്ട് പക്ഷെ ഭഗവാനുണ്ട് അങ്ങനെ പറയാം അന്ത്രിയെന്ന് പറയുന്നത് തത്വജ്ഞാനം കൊടുക്കുന്നു ഭഗവാന് എന്ന് പറഞ്ഞാലോ ആ സ്ഥിതി അജ്ഞാന ഭേദവും സ്ഥിതത്വേന അജ്ഞത്വ സുതനാം ഉപദേശം തത്വജ്ഞാനം ഭഗവാൻ ഇല്ലാതും എന്താണ് ഭഗവാനുള്ള അജ്ഞാനവും പിന്നെ അജ്ഞാന കാര്യങ്ങളെ കൊണ്ട് പിന്നെ എങ്ങനെയാണ് തത്വജ്ഞാനം ഉപദേശിച്ച് ഉപദേശിക്കപ്പെട്ടിട്ടില്ല അജ്ഞാനി തത്വജ്ഞാന തത്വജ്ഞാനം അറിയുന്നുണ്ട് അങ്ങനെ ഉപദേശിച്ച് നാസ്തി തത്വജ്ഞാനം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനസ്യത്തെ ഭേദവും കാരണമായി നീന്താക്കാനവിടെയെങ്കിൽ അപ്പം ഞാനില്ല അതിന് കാരണമായി നീന്താനവിടെ ഉണ്ട് പോകാനോ ചെറുപ്പം അജ്ഞാൻ പോവാതെ ഉള്ള അജ്ഞന സുദിലുപദേശി ഞാനുണ്ടെന്നല്ല തത്വം ഞാനുണ്ടെങ്കിലും തത്വം ഞാൻ പറ്റില്ല ഇവിടെ ഇപ്പൊ തത്വം ഞാനല്ലോ ഉപദേശിക്കുന്നത് അവിടെ അടുത്ത് പറയുന്നത് അഭയുദർശനം ഭഗവാൻ ഉള്ളിക്കുന്നതും അഭയർ ദർശനമുണ്ട് അഭയുദർശനമില്ല അതും ഉപദേശിക്കാൻ പറ്റില്ല തത്വജ്ഞാനമുണ്ട് എല്ലാം ഉദ്ദേശിക്കുന്നു ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല നമ്മുടെ അജ്ഞാത തത്വജ്ഞാനം ഇല്ലാത്തത് കാരണമായ അജ്ഞാനായിരിക്കും അജ്ഞാതകളിൽ ഇല്ലെങ്കിൽ അജ്ഞത്വത ഉപദേശം ഒരു കാരണവശാലും ഉപദേശം സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഉപദേശം എന്ന് പറയുന്നത് സംഭവിക്കണമോ ബാധ്യത അനുഭവത്തി അതാ ഉദ്ദേശിക്കാൻ പറ്റത്തില്ല ഏത് തരത്തിലും ഞാൻ വിചാരിച്ചു ഏത് തരത്തിലൊക്കെ ചിന്തിച്ചു നോക്കിയാൽ ഈ പറയുന്ന അദ്വൈതീയുടെ സിദ്ധാന്തം തികച്ചുവസമുണ്ടോ എന്നാണ് പറയുന്നത് ഇനിയും ഗുരു അദ്ധീയാവ ബ്രഹ്മജ്ഞാനിസ്വായത്വ ശിഷ്യം നിഷ്പ്രയോജനം ഇനി മറ്റൊന്ന് ബാധ്യത ആവൃത്തിയുടെ പ്രശ്നം പിന്നീ അതൊക്കെ അവിടെ ഇരിക്കട്ടെ സൽക്കാലത്തേക്ക് മറ്റൊരു വിഷയം ഈ തത്വജ്ഞാനവും ഉപദേശി ഉപദേശിച്ച പ്രയോജനം കാരണം ഗുരുവിന് ജ്ഞാനമുണ്ടാകും ഈ പ്രപഞ്ച അനുഭവത്തിന് മൂലകാരണമായി നയിക്കാനുസരിച്ച് ഇത് ഇവിടെ ഭേദമില്ല എന്നാൽ ഈ ശിഷ്യൻ ഉപയോഗിച്ചിട്ട് എന്താ പ്രയോജനം കാരണം അവിടെ ശിഷ്യന്റെ അജ്ഞാനം അജ്ഞാനമോ അതിന്റെ കാര്യമോ മനസ്സിലാക്കാം അജ്ഞാനം അതിന്റെ കാര്യങ്ങളുടെ ഈ ഭാഗമാണ് ഈ ശിഷ്യൻ ഗുരു എന്തെയ്തു അല്ല ബ്രഹ്മം ഒരു ബ്രഹ്മമേ ഉള്ളൂ കുറച്ചുകൂടെ വിശദീകരിച്ചു കാര്യം എനിക്ക് ഇവിടെ ഇതിങ്ങനെ മനസ്സിലാവുക ബ്രഹ്മം അതേ അതാണ് ഗുരു അതാണ് ശിഷി ഗുരുവിനെ ദിവസം ഉണ്ടായി അജ്ഞാനം നശിച്ചു പിന്നെ അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ശിഷ്യനൊന്ന് കൊണ്ട് നശിക്കേണ്ടതായ ഒരു അജ്ഞാനമില്ല ആ പ്രത്യേകം പറയുന്നത് അദ്ദേഹം തന്നെ അന്യമായിട്ട് ആരുമില്ലേ ശിഷ്യനും താൻ തന്നെയാണ് ഗുരുവായോ ശിഷ്യനായോ ഉണ്ടായിരുന്ന ഒരാളുടെ ബ്രഹ്മം അദ്വിതീയമായ ആത്മവിജ്ഞാനമാണ് സർവം ഖണ്ഡിതം ബ്രഹ്മ ബ്രഹ്മജ്ഞാന സകാരി ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള ്രഹ്മോന്മുണ്ട് അതിന്റെ അജ്ഞാനം നശ്സും കാര്യമായ എല്ലാം നശിച്ചു ശിക്ഷപ്പെടുത്തി ഉപദേശിക്കുകയും ശിക്ഷപ്പെടുത്തുന്നു അജ്ഞാനം കാര്യമില്ല എന്റെ ശിഷ്യനെ ഉപദേശിക്കുന്നതുകൊണ്ട് യാതൊരു അപ്പൊ അതിന് വേണമെങ്കിൽ ഒരു മറുപടി ഇരിക്കുന്നവര് എന്താണ് ഇവരൊരു തജ്ഞാനം വെച്ചാൽ കട്ടി തന്നെ അപ്പോ ഇങ്ങനെ മറുപടി പറഞ്ഞ് നോക്കുകയാണ് അത് ഒരു ചെറിയ മനുഷ്യ അപ്പോ അജ്ഞാനം കൊണ്ടാണ് ഗുരുശേഷ ഭേദം പ്രപഞ്ചാനുഭവം എല്ലാം നല്ല നിന്ന് ശരി പക്ഷേ എൻ്റെ അജ്ഞാനകാര്യമാണ് ബാക്കിയെല്ലാം ഭേദജ്ഞാനവും എല്ലാം ഗുരുവിന് ജ്ഞാനവും ബ്രഹ്മോഴിയും ബാക്കിയുള്ളതെല്ലാം അജ്ഞാനകാര്യമാണ് ബ്രഹ്മോഴിയോടുള്ള സമാനവും അജ്ഞാനകാര്യമാണ് അപ്പൊ ഗുരുവിനെ കൊണ്ടായി ജ്ഞാനവും അജ്ഞാനകാര്യമായിരിക്കും കഴിയും എന്തുകൊണ്ട് ജ്ഞാനവും ഇതൊക്കെ അജ്ഞാനം കൊണ്ടുണ്ടായിരുന്നു ഗുരുവിനുണ്ടായിരുന്നത് ബ്രഹ്മജ്ഞാനമാണെങ്കിലും അത് അജ്ഞാനകാര്യമായിരുന്നു കൊണ്ട് അതും പരമാർത്ഥമല്ല പരമാർത്ഥമായി ബ്രഹ്മം മാത്രേ ഉള്ളൂ ജ്ഞാനം പരമാർത്ഥമായി ബ്രഹ്മം അതുകൊണ്ട് എങ്ങനെയാണോ ദേദജ്ഞാനം കൽപ്പിതമായിരിക്കുന്നത് ജഗത്ത് കൽപ്പിതമായിരിക്കുന്നത് ശിഷ്യൻ കൽപ്പിതമായിരുന്നു അതുപോലെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് നെയ്ജാനും കൽപ്പിതം തന്നെയാണ് അജ്ഞാനകാര്യമായിരിക്കുന്നത് കൽപ്പിതമായിരുന്നു കൊണ്ട് അഹം ബ്രഹ്മാസ് എന്ന് പറയുന്ന കൽപ്പിതജ്ഞാനം കൊണ്ട് കൽപ്പിതമായ വേദജ്ഞാനം ഇല്ലാതാകുന്നില്ല അതാണ് ഇവിടെ സംബന്ധിച്ച് എന്ന് പറയുക കൽപ്പിതമായ ബ്രഹ്മജ്ഞാനം കൊണ്ട് കൽപ്പിതമായ വേദജ്ഞാനം സൃഷ്ടിക്കാം രണ്ടും ഒരുപോലെ അല്ലേ അങ്ങനെന്താ വിശേഷിച്ച് പറഞ്ഞു നോക്കിയല്ലോ അതുകൊണ്ട് കൽപ്പിതമായ അജ്ഞാനം കൽപ്പിതമായ ഭേദജ്ഞാനം ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ശിഷ്യന് ഉപദേശിക്കുന്നു കൽപ്പിതമായ ദ്രഹജ്ഞാനം കൊണ്ട് കൽപ്പിതനായ ശിഷ്യനോട് കൽപ്പിതമായ ശിഷ്യന്റെ അജ്ഞാനത്തെ ശിക്ഷിക്കാൻ കൽപ്പിതമായി ഉപദേശിക്കുന്നു ഇങ്ങനെ ഞാൻ പറയാറ് കിട്ടുന്നു അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇതിനുള്ള ധാരണ അടിച്ചു വിടാറുള്ളതാണ് അത് എന്ത് ചോദിച്ചാലും പറയാതെ ഞാൻ അതും കൽപ്പിതമാണ് ശിക്ഷൻ ശിക്ഷനും കൽപ്പിതമാണ് ഉദാഹരണം തന്നെ ഇതാവശ്യം വിട്ടു ഉദാഹരണത്തിന്റെ കാര്യങ്ങൾ വിട്ടു അത് കഴിഞ്ഞു ആവശ്യം വിട്ടു ഇപ്പോ അതിന്റെ പ്രയോജനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് എന്താ ഇനോദ പ്രയോജനം പ്രയോജനം പറയുന്നതാണ് കൽപ്പിതനായും മായ നിരന്തരം കല്പിതമായ കൽപ്പിതമായ അജ്ഞാനത്തെ മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കല്പിതമാണ് ഇതിങ്ങനെ ഇരിക്കത്തോ ഇതെല്ലാം കല്പിതമായി അതുകൊണ്ടെന്തേ അജ്ഞാന കാര്യങ്ങൾ നിവർത്തിക്കുന്നില്ല അതുകൊണ്ടാണ് നിവർത്തിക്കാറ് എങ്ങനെയാണോ അജ്ഞാനവും കാര്യവും കൽപ്പിതമായിരിക്കുന്നത് ജ്ഞാനവും അതുപോലെ കൽപ്പിതമാണ് അപ്പൊ കൽപ്പിതമായൊന്നും കൊണ്ട് കൽപ്പിതമായ മറ്റും വേറെ ഒന്നും നിവർത്തിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു സത്യം ബ്രഹ്മം മാത്രമേ ഉള്ളൂ സത്യം എന്ന് പറയുമ്പോൾ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കൽപ്പിതമാണ് സാറിന് പറയാറില്ല ഗുരു ഭക്ഷണം കഴിക്കുന്നത് ശിക്ഷന്റെ കൽപ്പിതമാണ് ആ വിഷയൻ്റെ അഥി ശിഷ്യനോ അത് ഗുരുവിന്റെ കൽപ്പനയാണ് സർവത്ര കൽപ്പന ജ്ഞാനമോ കൽപ്പനയാണ് അജ്ഞാനമോ കൽപ്പനയാണ് അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരു കൽപ്പന ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന സർ പ്രയോഗിക്കുന്നതാണ് ഏ ആയിരുന്നു കൽപ്പന ഒരു കൽപ്പന എല്ലാം കൽപ്പനയാണ് അതുകൊണ്ട് കൽപ്പിതമായ വിഷയവും കൽപ്പിതമായി ഉപദേശിക്കും കല്പിതമായ പ്രയോജനമാണ് എല്ലാം കൽപ്പിക്കും കളിക്കും എല്ലാം ഒരു തോന്നലാണ് എന്നൊക്കെ പ്രയാറിറ്റി ഗുരുവിനെ ഒന്നും ബാധിക്കില്ല എന്നുകൊണ്ട് കൽപ്പനയാണ് സാറിന് അതിന്റെ ഒരു ചെറിയ പതിപ്പാണ് ഈ പറയുന്നത് ഗുരുവിജ്ഞാനത്തെ കൽപ്പിതം അതുകൊണ്ട് നിവർത്തിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഉപദേശിച്ച് അത് നിവർത്തിക്കില്ല ഒരാണു പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശിഷ്യത്വ ജ്ഞാനൂരം കൽപ്പിതക്കുക തഥ് എന്ന മണ്ഡം അങ്ങനെയാണെങ്കിൽ ശിഷ്യനുപദേശി ശിഷ്യനും കൽപ്പിതമാണ് ശിഷ്യന്റെ ജ്ഞാനവും കർപ്പിതമാണ് ശിഷ്യൻ്റെ നല്ല അജ്ഞാനവും കർപ്പിതമാണ് അപ്പോൾ എന്ത് വരുന്നു അതുകൊണ്ടും പ്രപഞ്ചം നിവർത്തിക്കുന്നില്ല പിന്നെ എന്താ എന്താ പറയുക അജ്ഞാനം പ്രപഞ്ചം എന്ന് വർത്തിക്കുന്ന ഇരുന്നോട്ടേക്ക് വേണ്ട ജ്ഞാനം കൊണ്ട് അജ്ഞാനം നിവർത്തിക്കണ്ടെങ്കിൽ അജ്ഞാനം നിവർത്തിക്കില്ല എന്തുകൊണ്ട് ഗുരുവിന്റെ കൽപ്പിരമായ ജ്ഞാനം കൊണ്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ശിഷ്യന്റെ കൽപ്പിരമായ ഞാനും കൊണ്ട് എന്തെങ്കിലും സംഭവിക്കൂ ഉപദേശം വെറു വന്നാൽ മതി ഉപദേശിക്കുന്നതിനു വേണ്ടി ശിഷ്യന് ജ്ഞാനം ഉണ്ടാകാം അപ്പൊ ഗുരുവിന്റെ ജ്ഞാനം കൊണ്ടും സാധിക്കാക്കുക അല്ലെങ്കിൽ ശിഷ്യന്റെ ജ്ഞാനം കൊണ്ട് സാധിക്കുക നമ്മുടെ ബാധ്യതാനുമതിയെ കുറിച്ചല്ല പറയുന്നത് ഈ ജ്ഞാനത്തിനെന്താ പ്രയോജനം അതാണ് അജ്ഞാനം നിവർത്തിക്കത്തില്ല അജ്ഞാനകാര്യം നിവർത്തിക്കത്തില്ല ഗുരുവിന്റെ ഉണ്ടെന്ന് നിവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ശിഷ്യന്റെ ഒന്നും നിവർത്തിക്കില്ല ശിഷ്യ സജ്ഞാനങ്ങളിൽ കൽപ്പിക്കുന്നവർ തകർക്കറിയ അതിനും മറുപടി പറയുകയാണ് ഇത് കുറച്ചുകൂടെ വിശദമായി മനസ്സിലാക്കുകയാണ് സാമാന്യമായിട്ട് വ്യാഖ്യാനത്തിൽ സ്ഥിരീകരിച്ച് പറയുന്നത് കൽപ്പിതത്വേ പൂർവവിരോധിത്വേനു നിവർത്തകമില്ല പറയുന്നു കൽപ്പിതം ശരിയാണ് ഭേദജ്ഞാനം കൽപ്പിതമാണ് ഗുരുവിൽ ബ്രഹ്മജ്ഞാനം കൽപ്പിതന്നെ അതായത് ബ്രഹ്മ ഒഴികെയുള്ള എല്ലാ ജ്ഞാനവും കൽപ്പിതമാണ് ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ജ്ഞാനം വഴികെ ബാക്കിയുള്ള എല്ലാ ജ്ഞാനങ്ങളും കൃത്യജ്ഞാനങ്ങൾ കൽപ്പിതമാണ് ബ്രഹ്മത്തിനും കൽപ്പിതമാണ് എന്നാലും എന്തുകൊണ്ട് ഒരു ജ്ഞാനം കൊണ്ട് മറ്റൊന്ന് രസിക്കുന്നു അത് ഏതുപോലെ എന്നു പറഞ്ഞത് ബഞ്ജുവിന്റെ സർപ്പജ്ഞാന അടുത്ത് വരുന്ന സൃഷ്ടിജ്ഞാനം രണ്ടാമത് വരുന്ന ശുദ്ധിജ്ഞാനം അതിന് വിരോധിയായതുകൊണ്ട് കല്പിതമാണെങ്കിലും എന്താണ് കയറിന്റെ ജ്ഞാനം അത് കല്പിതമാണെന്നു ഒന്നുകൊണ്ട് മറ്റൊന്നും വളർത്തിക്കാതിരിക്കില്ല അതാണൊന്നും കാണാം അപ്പൊ പൂർവജ്ഞാനത്തിന് വിരോധിയായി രണ്ടാമതൊരു ജ്ഞാനം വന്നു കഴിഞ്ഞാൽ അതായത് സർപ്പജ്ഞാനത്തിന് വിരോധിയായി ഒരു രോഗി ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ആ രോഗി ഞാനും കൂടി സർപ്പജ്ഞാനം കൊടുത്തിരുന്നു അപ്പൊ കല്പിതമായതുകൊണ്ടൊന്നും പ്രവർത്തിക്കുകയില്ല എന്നില്ല വിരോധിയായിരുന്നാണ് അതോ കൂടി സംഭവിക്കുന്നത് ഭേദജ്ഞാനം കൽപ്പിതമാണ് ബ്രഹ്മജ്ഞാനം കൽപ്പിതമാണ് പക്ഷെ ഭേദജ്ഞാനത്തിന് വിരോധിയാണ് ഏകത്വജ്ഞാനം അദ്വൈതജ്ഞാനം അതുകൊണ്ട് ഭേദജ്ഞാനം നിവൃത്തി അദ്വൈതി പറയുക കൽപ്പിതത്വ കവി പൂർവവിരോധത്വന നവർത്തകം ഇത് ചേ തത് ആചാര്യജ്ഞാനയും സമാവിധി തദൈവ നവർത്തകം ഒന്നാമത്തെ ജ്ഞാനം എന്നാൽ സർപ്പജ്ഞാനത്തിന് രണ്ടാമത്തെ ജ്ഞാനം കയറിന്റെ ജ്ഞാനം വിരോധിജ്ഞാനം കയറിന്റെ ജ്ഞാനം എന്നാൽ സർപ്പജ്ഞാനം മാർക്കും അങ്ങനെയാണെങ്കിൽ വീണ്ടും പ്രശ്നമായി ശേഷീനെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല ഗുരുവിന്റെ ജ്ഞാനം എന്തു ചെയ്യും ഏതജ്ഞാനെല്ലാം ബ്രഹ്മം തന്നെയുള്ളൂ ഗുരുവിനൊരു ബ്രഹ്മ ശിഷ്യനൊരു ബ്രഹ്മം അങ്ങനെ രണ്ട് ബ്രഹ്മം ഉണ്ടോ ഇല്ല അപ്പോ ഗുരുവിന്റെ കത്തിതമായ യഥാർത്ഥ ജ്ഞാനം കൊണ്ട് ആ യഥാർത്ഥ ജ്ഞാനം ഭേദജ്ഞാനം എന്ന് വർദ്ധിച്ചു പിന്നെ ജ്ഞാനം തന്നെ ഇതിന് പര്യാപ്തമാണ് ഗുരുവിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് ഭേദജ്ഞാനം അതുകൊണ്ട് ഭേദം നിവർത്തിക്കും പിന്നെ ശിഷ്യനില്ല ഉപദേശിക്കും തദ്വ നിവൃത്തവും ഉപദേശാനും ആദ്യം പറഞ്ഞും ബാധ്യത ആനുവർത്തി അങ്ങനെ രണ്ടാമത് പറഞ്ഞിരിക്കും നിങ്ങൾ പറയുന്ന രീതിയിൽ ബാധിത ആരോഗ്യ അംഗീകരിച്ചാലും ദോഷമുണ്ടല്ലോ അതികൂടെ സംഭവിക്കില്ല അത് നമ്മൾ പറയുന്ന ദജന്ദ്രജ്ഞാനം നിറഞ്ഞ സംഭവിക്കാനം എന്ന് പറയുന്ന അംഗീകരിച്ചാൽ തന്നെ അത് ഉപദേശിക്കുന്ന വ്യർത്ഥം കാരണം ബ്രഹ്മജ്ഞാനമുള്ള നിലവിന്റെ ജ്ഞാനം കൊണ്ട് തന്നെ പ്രപഞ്ച ദിവർത്തി സംഭവിച്ചു കഴിഞ്ഞു ഇത് തദ്വൈതത്തിലൂടെ സി ജി ഇസായി ചർച്ച ചെയ്തു അങ്ങനെ ഞാൻ കല്പനയുണ്ട് അത് പറയുന്നില്ല എന്താണ് ഉറവുറ അഭ്യാസങ്ങൾ അനുവർത്തിക്കുന്നു അവിടെയാണ് പുനർജന്മൊക്കെ സ്വീകരിക്കുന്നത് ഈ ശരീരേന്ദ്ര ഇതെല്ലാം ഇന്ത്യ ചെയ്യുന്നു ബ്രഹ്മത്തിന് ശരീരേന്ദ്രിയെല്ലാം കല്പിച്ചിരിക്കും ഈ കല്പനേഖലമാണ് പൂർവ്വജന്മത്തിന് ഇപ്പോ അതിന്റെ സംസ്കാരം കൊണ്ട് വീണ്ടും നമ്മൾ ജനിക്കുമ്പോൾ വീണ്ടും ഇത് വരുന്നു അതിനാണ് അവിടെ ഉദാഹരണം പറഞ്ഞത് അപ്പൊ അതിനാണ് പൂർവ്വജന്മത്തെ സ്വീകരിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിലും നോക്കിയതുപോലെ അത്യാസമുണ്ടായിരുന്നു ഈ ജന്മത്തിനകത്തോ ഇവിടുത്തെ വിഷയം എന്താ പറയുക ഗുരുവിന്റെ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു ഭേദബ്രഹ്മവും നശിച്ചു ഇന്ന് ശിക്ഷനുഭീന്ന് വേസ്റ്റാണ് എന്തുകൊണ്ട് ഇന്ന ഒരു അസമീതമാവസ്റ്റ് ചർച്ച അവസാനിപ്പിക്കുക എന്നാണ് എന്ന് പറയുന്നത് രാമാനുജാ വെറുതെ സമയങ്ങളിൽ അസമയജീവിതം യാതൊരു യുക്തിയില്ല യാതൊരു യുക്തിയില്ലാത്ത അപ്പൊ ഈ ഒരു പ്രശ്നം എന്താണ് ഗുരുവിന്റെ ജ്ഞാനം കൊണ്ട് അജ്ഞാനവും നശിച്ചു വേദജ്ഞാനവും നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ ശിഷ്യൻ എന്നുള്ള ഈ ഒരു ചോദ്യത്തിൽ ഗുരുതരമായൊരു പ്രശ്നത്തിൽ അദ്വൈതി പറയുന്ന മറുപടിക്ക് മറുപടി പറയാണ് വേദാന്ത നശി അദ്വിതി എങ്ങനെയാണ് എന്ന് സമാനം അത് വളരെ ശ്രദ്ധിച്ചറിയാൻ വേണ്ടി ഞാൻ പറയരുത് മനസ്സിലാക്കിയില്ല എന്ന് കുഴപ്പമില്ല മനസ്സിലാക്കാതെ അതിന് എന്താണ് എനിക്കത് വായിക്കുകയും വലിയൊരു എന്താണ് രസകരമായി തോന്നുന്നു നിങ്ങൾക്ക് രസകരമായി തോന്നുമോ എന്ന് എനിക്കറിയില്ല മനസ്സിലായ രസകരമാണ് മനസ്സിലായില്ലെങ്കിൽ അസമ്പരത്തില്ല നിർത്തിപ്പൊരിക്കുന്ന ഒരു പരിപാടിയാണ് രാമായ അസംബന്ധം നല്ല പോലെ പറഞ്ഞ് നിർത്തിയാ അസംബന്ധമാണെന്ന് തെളിയുകയല്ലേ വേദാന്ത അതിന്റെ വ്യാഖ്യാനം മുത്തൊമ്പത് മനസ്സിലാക്കിയ ഇത്ര ഞാൻ പറയുന്നത് മനസ്സിലായാൽ വളരെ രസകരമാണ് അതിലി നിന്നും വേറെ മുൻ കേൾ സുഖം ഇത്രയും വിലയിരുന്ന് തേഖല രണ്ടാമത്തെ വഴി രണ്ടാമത്തെ പറ്റില്ല ഏകമയ ബ്രഹ്മ അവിദ്യാശപടം ശബം ഇത് ഞാൻ മുമ്പ് ഒന്ന് വിശദീകരിച്ചിട്ടുള്ളതാണ് അതിനാണ് ഏകജീവവാദം എന്ന് പറയുന്നത് ഒറ്റവരി എന്താണ് അന്തയിലെ ഏകജീവവാദം എന്നുള്ളതിന് ഇവിടെ സംശയിച്ച് പറഞ്ഞിരിക്കുകയാണ് എന്നാ എല്ലാം പറയും ചെയ്യും അതൊരാൾക്ക് കഴിയും ബ്രഹ്മം ഒന്നേ ഉള്ളൂ എന്താണ് ഏകം ആ ബ്രഹ്മം അവിദ്യായുക്തമാകുമ്പോ അത് തന്നെ ജീവൻ ഏകൻ ജീവൻ വേഗനാണ് ബ്രഹ്മം ഒന്നേ ജീവനും ഒന്നേ ഉള്ളൂ അല്ല പല ജീവന്മാരുണ്ട് ഞാൻ നീ ഇങ്ങനെ പല ജീവന്മാരുണ്ട് ഇത് ഏകജീവവാദം എന്ന് ആ പേര് വരാൻ തന്നെ കാരണമായിട്ടാണ് ബ്രഹ്മ ഒന്നേയോളൂ ജീവനും ഏകജീവൻ ഏകജൈവൻ വിദ്യായുക്തം പിന്നെ അത് എങ്ങനെ മനസ്സിലാക്കും ഒരേ ഒരു വഴിയാണ് എന്താണോ സ്വപ്നം അത് എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് സ്വപ്നം ഏകജീവവാദത്തെ നമുക്ക് മനസ്സിലാക്കി തരാനുള്ള ഒരേ ഒരു വഴി സ്വപ്നം സ്വപ്നത്തിൽ ഭ്രമാ സ്വപ്ന ദൃഷ്ട പുരുഷാദയാന്തി ഇതും മനസ്സിലാകണമെങ്കിൽ നമ്മള് ഇപ്പം മനസ്സിലാക്കല ഇപ്പം നമ്മളിരിക്കുന്ന സ്വപ്നത്തിലാണ് ആണോ അല്ലേ സംശയിക്കരുത് ആണോ നമ്മളെല്ലാവരും സ്വപ്നത്തിൽ ഇരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയാലേ ഈ പറയുന്നത് മനസ്സിലാവും ഏ ആ നമ്മൾ ഇപ്പം ഇരിക്കുന്നത് സ്വപ്നത്തിൽ അതിന്റെ ബ്രഹ്മം എന്ന് പറയുന്നവരാണ് ഞാൻ ഏക ജീവന്മാരാണ് ഞാൻ ആരും നിങ്ങളാരും അല്ല ഞാൻ ഇതൊന്നും വേണം ആകാം തൽക്കാലം ഞാൻ ഏകമായ ബ്രഹ്മം ഞാനാണ് വിവാഹനായിരുന്നു ഏകനായ ജീവനും ഞാൻ ആ ഏകനായ ഞാൻ കാണുന്ന സ്വപ്നത്തിലെ കഥാപാത്രങ്ങളാണ് എല്ലാവരും എല്ലാ ജീവന്മാരും എന്റെ സ്വപ്നത്തിനാണെങ്കിലും എന്റെ ശരീരത്തെ സ്വപ്നത്തിനായിരിക്കും ആ സ്വപ്നം എന്ന് ഉണക്കിട്ടു ഞാൻ സ്വപ്നമാണ് ഇനി സ്വപ്നത്തിന് എന്തൊക്കെ മാറ്റം വരുത്തുന്നു അതെല്ലാം അങ്ങനെ തന്നെ പക്ഷെ അടിസ്ഥാനപരമായി എന്ത് മനസ്സിലാകണം ദേഹജീവവാദം എന്ന് വെച്ചാൽ ഞാനൊന്ന് വിശദീകരിക്കുന്നുണ്ട് എന്റെ സ്വപ്നം നിങ്ങൾ ആരാണെങ്കിലും പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വപ്നം ഒരു ബ്രഹ്മം ഒരു ജീവി ആ ജീവൻ ഞാൻ നിങ്ങളെല്ലാം ഇങ്ങനെയും ഞാൻ സ്വപ്നം കാണുകയാണ് വാശിഷ്ഠത്തിൽ ആവർത്തിച്ച ആവർത്തിച്ച് പറയുന്നതാണ് എല്ലാം സ്വപ്നമാണ് എല്ലാം സ്വപ്നം തന്നെ എന്ന് പറയും ചിലടത്ത് അർപ്പിച്ചു പറയത്തില്ല കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്വപ്നമാണ് എന്ന് പറയും അപ്പൊ എവിടെയെങ്കിലും ഇത് ഏതൊരു സ്വപ്നമാണെന്ന് തർപ്പിച്ച് പറയുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോളും അതാണെന്തത് ഏകജീവ വാദം ആ ഈ സ്വപ്നം കാണുന്നതിന് എങ്ങനെയാണോ സ്വപ്നത്തിന് നിരുദ്രാദോഷം കാരണമായി നമ്മൾ ഉറക്കത്തിന്റെ സ്വപ്നം കാണും അവിടെ ഒരു ദോഷമുണ്ട് അതിന് എന്ത് പറയുന്നത് നിദ്ര ദോഷം അങ്ങനെ ഏകമായിരിക്കും ഈ ബ്രഹ്മത്തിന് സ്വപ്നം കാണണമെന്ന് ആ ദോഷത്തിൽ പറയുന്ന ആ വിദ്യ ബ്രഹ്മം ഉറങ്ങിയില്ല സ്വപ്നം കാണുന്നു ഉറക്കം ഒന്നും എപ്പോഴും സ്വപ്നത്തിലാണ് ഏ അതെ ബ്രഹ്മം അപ്പൊ നിങ്ങൾ ഇനി അത് ബ്രഹ്മം അങ്ങനെ വന്നു ഇത് നല്ല ബ്രഹ്മം അങ്ങനെ വന്നു ചോദിച്ചാൽ ഞാനിങ്ങനെ വന്നത് അത് തന്നെ ബ്രഹ്മ എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും ബ്രഹ്മപരാകൊരു ദോഷം വന്നു ഇനി ബ്രഹ്മത്തിന്റെ ദോഷം ഞാൻ വന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞിരിക്കട്ടെ നിങ്ങളടുത്ത് എന്ത് ചോദിക്കും ഈ ബ്രഹ്മം എങ്ങനെ വന്നു ബ്രഹ്മം കൊണ്ട് ബ്രഹ്മത്തിന് ദോഷം എങ്ങനെ അനാദി രണ്ടും എന്താണ് അനാദിയായിട്ടാണ് ബ്രഹ്മസൂത്രങ്ങളുടെ ബ്രഹ്മത്തിൽ ഇത് അദ്വൈതി പറയുന്നതാണ് രണ്ടും അനാദികൾ അനാദിയായിട്ട് ബ്രഹ്മുണ്ട് ഈ നമ്മൾ ചോദിക്കുന്നില്ല ഈ ബ്രഹ്മത്തിൽ എങ്ങനെ അവിദ്യ ഉണ്ടായി എന്ന ആ ഒരു ചോദ്യത്തിൻ്റെ എന്താണ് വാലിഡിറ്റി അത്രയേ ഉള്ളൂ അത് തന്നെയാണുള്ളത് എന്ത് ബ്രഹ്മം അങ്ങനെ ഉണ്ടായി ചോദിക്കുന്ന ആ രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട് ബ്രഹ്മത്തിനെന്താ സ്പെഷ്യാലിറ്റി ഏത് ഈ അവിദ്യ എപ്പോഴും ഉള്ളതാണ് ബ്രഹ്മം നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും അനാദിയായി ഏ വിദ്യ വിദ്യാ സ്വരൂപമാണ് രണ്ടിനുപോലെ സ്വരൂപമാണ് നിങ്ങള് ബ്രഹ്മ എങ്ങനെ ഉണ്ടായി അല്ല അവിദ്യ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതേ മൂല്യം തന്നെയാണ് എന്ത് ബ്രഹ്മം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാലും അത് അല്ല ബ്രഹ്മത്തിന് വർദ്ധിച്ച് യാതൊരു പ്രത്യേക എന്തുകൊണ്ട് രണ്ടു രണ്ടും അതിലെന്താ ഈ ചോദ്യത്തിൽ എന്താ പ്രത്യേക വ്യത്യാസം എന്താ ഏനം എന്ന് പറഞ്ഞാൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം ജ്ഞാനം എല്ലാവർക്കും ഉണ്ട് ഈ ബ്രഹ്മം എന്ന് പറയുന്നതാണ് മനസ്സിലും ഈ ജ്ഞാനം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ചോദ്യം വരുന്നത് അജ്ഞാനം എന്ന് പറഞ്ഞാൽ ആർക്കും അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും അജ്ഞാനമുണ്ട് അജ്ഞാനം അവിദ്യ എന്ന് പറഞ്ഞു അനാദി അവിദ്യ എന്ന് പറഞ്ഞ ചോദ്യം തന്നെ ഈ രണ്ട് ചോദ്യത്തിന് ഒരേ മൂല്യമേ ഉണ്ട് നിങ്ങൾ അജ്ഞാനത്തെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ജ്ഞാനത്തെ അംഗീകരിക്കുന്നു അതുകൊണ്ട് ബ്രഹ്മത്തെ അംഗീകരിക്കണം അവിദ്യ അംഗീകരിക്കണമെന്നില്ല രണ്ട് രണ്ടു കാര്യങ്ങളാണ് ഏർ അതൊക്കെയാണ് ശരിയാണ് അതെല്ലാം ശരിയാണ് സാങ്കേതിക സത്യമായി സ്വീകരിക്കുന്നു ഇവിടെ അസത്യമായി സ്വീകരിക്കുന്നു ഇവിടെ എന്താണ് ജ്ഞാനം എന്ന് പറയുന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് തർക്കവിഷയമല്ലാതെ ഉള്ളൂ മനസ്സിലായു ജ്ഞാനം കാരണം ഒന്നുകൂടെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് പക്ഷെ അത് അനാദിയായ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അതെവിടെ നിന്ന് എന്ത് എന്ന് ചോദിക്കാം അത് അവധിയെക്കുറിച്ച് ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യം തന്നെ ഏ അതൊക്കെ എന്താണ് ഉള്ളതായവർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേവല യുക്തികളല്ലേ യുക്തികൾ അത് യുക്തി കൊണ്ട് സ്ഥാപിച്ച യുക്തി കൊണ്ട് നിഷേധിക്കാനും പറ്റും അതൊക്കെ വലിയ കാര്യങ്ങളും അതിലേപ്പിവിടെ ചെയ്യാൻ പോകും നിങ്ങൾക്ക് ജ്ഞാനത്തെ മാത്രമേ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂ ബ്രഹ്മത്തെ അംഗീകരിച്ച നിങ്ങൾ ആ വിദ്യ ചോദ്യം ചെയ്ത ബ്രഹ്മത്തെയും അതേ രീതി ചോദ്യം ചെയ്യാം ബാക്കിയെല്ലാം എന്താണ് നിങ്ങൾ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ കല്പനകളാണ് അത് സത്യമാണ് നിത്യമാണ് മുക്തമാണ് ഇതെല്ലാം എന്താണ് ബ്രഹ്മത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സിദ്ധാന്തങ്ങളാണ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയ ഒരു കാര്യമേ ഉള്ളൂ എന്ത് ഞാനാണ് അതെല്ലാരുടെ കൂടുതലും ഞാൻ ഒപ്പം അറിയും ബ്രഹ്മം എന്ന് പറഞ്ഞ അവിദ്യ എന്ന് പറയുന്നത് അതേ രീതി ചോദ്യങ്ങൾ അല്ല ബ്രഹ്മത്തെ നമുക്ക് അംഗീകരിക്കാം യാഗനും തർക്കവും കൂടാതെ അവിദ്യക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിക്കാമോ ആ പ്രശ്നങ്ങളെല്ലാം ബ്രഹ്മത്തിന് ചോദ്യം ഈ ഇപ്പൊ ഞാൻ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനം അത് നിത്യമായ ലോകത്തിനെല്ലാം ആധാരമായിരിക്കുന്ന നിത്യമായ ശുദ്ധമായ ബുദ്ധമായ ബ്രഹ്മമാണെന്ന് അങ്ങനെന്താ ഇവരും ചോദ്യങ്ങൾ തരത്തില്ലേ അതാണ് അദ്വിദ്യയോട് ചോദിക്കുന്നത് അതുകൊണ്ട് അവിദ്യ എങ്ങനെ ബ്രഹ്മത്തിൽ അവിദ്യ വന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് മുമ്പ് ഈ ബ്രഹ്മം എവിടെ നിന്നും ഉണ്ട് ആരുടെ വക അതാണ് അതിനു മുമ്പേ ചോദിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ ചോദിക്കാൻ ബുദ്ധിയുള്ളവരാണ് അത്ര നിഷേധിച്ചു കഴിഞ്ഞ എന്താണോ നിഷേധിക്കാൻ പറ്റാതോന്നു അതിൻ്റെ എന്താ കൊഴപ്പം ഇവിടെ ആർക്കാ പ്രശ്നം അതേല്ലാത്ത എന്താണ് നമ്മളും പറയൂ നിഷേധിച്ച് നഴിച്ചുപോയോ നിഷേധിക്കാൻ പറ്റാതൊന്നും ഒന്നും വരണ്ട എന്താ പ്രശ്നം അല്ല ഒന്നും പറ്റില്ല എന്നങ്ങനെ പറയാൻ പറ്റുമോ ഏ ആണെങ്കിൽ ഇല്ലാതായിപ്പോ അതിപ്പോ ഞാൻ ഇല്ലാതാകുമ്പോ നിങ്ങളറിയും നിങ്ങൾ ആരെങ്കിലും ഇല്ലാതാകുമ്പോൾ ഞാനും അറിയും അതറങ്ങിയ ഇപ്പൊ നമുക്ക് എന്താണ് ഞാൻ ഇല്ലാതെയാവൂ എന്നുള്ളതൊരു വിശ്വമില്ല ഇന്ന് നിങ്ങൾ പറയണേ ഞാൻ ഇല്ലാതാകുമെന്ന് നിങ്ങൾ ഞാൻ പറയണു ഞാൻ ഇല്ലാതാകും ഏ നിങ്ങളല്ലേ പറയുന്നത് എന്താണ് ഞാൻ ഇല്ലാതാകുമെന്ന് അല്ലേ ഞാൻ ഇല്ല ആരെങ്കിലും പറയണേ ഞാൻ ഇല്ലാതെയാകും ഞാൻ ഇല്ലാതാകില്ല എന്ന് അത് പറയുന്ന ആൾ തീരുമാനം എന്താണ് തെളിയിക്കേണ്ടി വരും ഞാൻ ഇല്ലാതാകാതെ എന്നും നിൽക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞാൽ അത് പറയുന്ന ആളുടെ ബാധ്യത അത് തെളിയിക്കേണ്ട കാര്യം പക്ഷേ ഞാൻ ഇല്ലാതാകും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രത്യക്ഷമായ കാര്യമാണ് ഏ അത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് എന്നും ഇങ്ങനെ ഇരിക്കില്ല എന്നുള്ള കാര്യം അത് ബോധ്യമല്ലെങ്കിൽ പിന്നെ ലോകത്ത് ഏത് ഞാനില്ലാതെയാകും ഉറപ്പാണ് അത് വ്യക്തമായി അറിഞ്ഞിട്ട് കാരണം എനിക്കറിയാം എന്താണ് ഞാൻ ഇത്ര കാലം വരെ ജീവിച്ചിരിക്കും അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു നൂറ്റമ്പത് വർഷം കൊച്ചും എനിക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു നൂറ്റമ്പത് വർഷം കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണത്തില്ല എനിക്ക് ഉറപ്പിച്ചും പറയും ഊഹ വാസ്തവാണ് അത് പോകുവാണെങ്കിൽ എല്ലാം പിന്നെ പോകാൻ അങ്ങനെ അത് ബാധിച്ച പിന്നെ അവരെ തെളിയിക്കണം എനിക്കെന്താണ് ഞാൻ പറയുന്നത് എന്താണ് പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് തെളിയിക്കേണ്ട ബാധ്യതയില്ല കാരണം അത് അംഗീകരിക്കപ്പെട്ട സത്യമാണ് നിങ്ങൾ അതിന് വിരുദ്ധമായൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് വരും എനിക്ക് തെളിയിക്കേണ്ട ബാധ്യതയില്ല പിന്നെ ഒന്നുമില്ലാതാവുന്ന കാര്യം ഞാൻ പറയത്തില്ല അതെനിക്ക് അറിയത്തില്ലല്ലോ എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും എല്ലാത്തിന്റെ കാര്യം എന്ന് പറയുന്നത് എന്റെ ഞാൻ എന്റെ അറിവ് എന്റെ ശരീരം എന്റെ ബുദ്ധി ഇതെല്ലാം നിശ്ചവു എനിക്കത് പറയുന്നതിന് യാതൊരു കാരണം ഞാൻ അതാണ് ചുറ്റും കാണുന്നത് ഇതൊക്കെ എന്താണ് പ്രപഞ്ചത്തിലെ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അത് തെളിയിക്കുന്നതിന് എന്താണ് വേറെ തെളിവ് കൊണ്ടുവരേണ്ടത് ഞാൻ ഇല്ലാതാകാന്ന് വെച്ചാൽ എന്നാണ് ഞാൻ മരിച്ചുപോവുക അതിന് ഞാൻ തെളിവ് ഹാജരാകേണ്ട കാര്യമില്ല അതും തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ് പക്ഷെ നിങ്ങൾ പറയുകയാണ് എന്താണ് എങ്ങനെ ആ വേറെ അത് ഞാനും അംഗീകരിക്കും എനിക്കൊരു പ്രശ്നമില്ല ഏഹ് ഏതെങ്കിലും ഉണ്ടെന്നുള്ള നമ്മുടെ ചർച്ച ബ്രഹ്മത്തിന്റെ ഏതോ ഒന്ന് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തർക്കമേ വരത്തില്ല മനസ്സിലായി അല്ല ബ്രഹ്മത്തിന് പ്രത്യേക ലക്ഷണമുണ്ട് അത് ബ്രഹ്മം എന്ന് പറയുന്നിടത്തേക്ക് തർക്കം വരും നിങ്ങൾ പറയുന്നത് ഏതോ ഒന്ന് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്തും ഏ ആ എപ്പോഴും കാരണം എന്താണ് ഈ കാണുന്ന നമ്മളീ കാണുന്ന എല്ലാം എന്താണ് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നാലും തർക്കമില്ല അതല്ല ബ്രഹ്മത്തിന്റെ ലക്ഷണം ഏ എങ്ങനെ ആ അതുകൊണ്ടോ അത് അതിന് തർക്കമുള്ള കാര്യമില്ലല്ലോ അതാരും എതിർക്കുന്ന കാര്യമല്ലോ ബ്രഹ്മെന്ന് പറയുമ്പോ അതിന് പ്രത്യേക ലക്ഷണം പറയും ആ ലക്ഷണത്തിൽ പറയുന്ന ബ്രഹ്മത്തെ സമ്മർദ്ദിക്കുന്നത് പറയുന്നവരുടെ ജോലിയാണ് അതെന്റെ ജോലി പിന്നെ ഇതൊക്കെ ഏതെങ്കിലും രൂപത്തിൽ നിൽക്കുമെന്നുള്ളത് എല്ലാരും പറയുന്ന കാര്യമാണ് എനിക്കും അറിയാമെന്നുള്ള കാര്യമാണ് അതിന് തർക്കമുള്ള കാര്യമാണ് അത് ഇങ്ങനെന്താണോ ഈ പറയുന്നത് പരിണാമിനൃത്യം ഒന്നാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം അതല്ല ബ്രഹ്മത്തെ ആരും പരിണാമിനൃത്യം എന്ന് പറയത്തില്ല ആ ബ്രഹ്മത്തെ ആരെങ്കിലും പരിണാമി നിത്യം എന്ന് പറയാമോ അതല്ല ബ്രഹ്മത്തിന് പ്രത്യേകമായ ലക്ഷണം പറയുന്നു ആ ലക്ഷണത്തിലുള്ള ബ്രഹ്മ അത് എന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ എവിടെ നിന്ന് തോന്നുന്നു എന്താണെന്ന് ചോദിക്കാം അത് അവിദ്യയെക്കുറിച്ച് ചോദിക്കുന്നത് പോലെയുള്ളൂ അവിദ്യയെക്കുറിച്ച് ചോദിക്കുന്നത് ഇത് തമ്മിൽ ഒരു വ്യത്യാസമില്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു ആദ്യം ബ്രഹ്മത്തെ അംഗീകരിച്ചില്ല ആ ബ്രഹ്മമുണ്ട് അവിദ്യ അതെങ്ങനെ വരുമെന്നാണ് ചോദിക്കുന്നത് അത് നമ്മുടെ മൂഢബുദ്ധി കൊണ്ടാണ് എന്തുകൊണ്ട് അവിദ്യയെ അംഗീകരിക്കുന്നതിന് ബ്രഹ്മ എങ്ങനെ വരുമെന്ന് ചിന്തിക്കണം ആ ബ്രഹ്മം എങ്ങനെ വരുമെന്നുള്ളത് ചിന്തിച്ച് അതിന് ഉത്തരം കിട്ടണം അതിന്റെ ഉത്തരവെന്ന് പറയുന്നത് എന്താണ് നിസാറ എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ പറയണം അത് ഒരു ലക്ഷണം അതെ ലക്ഷണവും പ്രമാണവും ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബ്രഹ്മം നിൽക്കില്ല പിന്നെ ഞാനൊരു ബ്രഹ്മം പറയും അത് ഞാൻ നിർത്തും നിങ്ങളുടെ ബ്രഹ്മം അപ്പോ അന്ത്യം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം ചോദിക്കുന്നതിന് അതേ വില തന്നെ ഉണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുന്നു ഇതിന് നിങ്ങളുണ്ട് പറു പറഞ്ഞു ബ്രഹ്മത്തെ മാറ്റിക്കള ബ്രഹ്മത്തെ സംരക്ഷിക്കുന്നത് ബ്രഹ്മത്തിന് അതന്നെ ശൂന്യവാദി പറയുന്നുണ്ട് ശൂന്യവാദി ബ്രഹ്മത്തെ അംഗീകരിക്കുന്നുണ്ട് ശൂന്യവാദി പറയുന്ന എന്താണോ ബ്രഹ്മം എന്ന് പറയുന്നു അങ്ങനെ നിങ്ങളീ പറയുന്ന സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മം എന്ന ബ്രഹ്മമേ ഇല്ല അത് വെറും ഒരു കെട്ടുകഥയാണ് ബ്രഹ്മത്തെയും നിഷേധിക്കുന്ന ആളെന്താ എന്ന് പറയുന്നത് എല്ലാം നിഷേധിക്കുക അത്രേ പറ്റുമോ ഇനി ഈ ഉള്ളതൊക്കെയോ ക്ഷണിക വിജ്ഞാനോ എന്ന് പറയുന്നത് അതൊക്കെ ക്ഷണിക്കണം എല്ലാം ഇങ്ങനെ മാർഗം കൊണ്ടിരിക്കുന്നു അല്ലാതെ നിങ്ങളെയും പറയുന്ന ബ്രഹ്മില്ല ബ്രഹ്മത്തെ നിങ്ങൾക്ക് നിഷേധിക്കാം അങ്ങനെ ഒന്ന് സ്ഥായിയായി ഒന്നും നനാകട്ടെ നിഷേധിച്ചാൽ എന്ത് ശേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതാണ് ബ്രഹ്മം നിഷേധിച്ചാൽ ശേഷിക്കുന്നതാണ് സൂര്യ നിങ്ങൾ പറയും നിഷേധിച്ചാൽ ശേഷിക്കുന്ന എന്താണോ അതാണ് ബ്രഹ്മം അവർ പറയുന്ന എന്താണ് ബ്രഹ്മം നിങ്ങൾക്ക് എല്ലാത്തിനെയും നിഷേധിച്ച് ബ്രഹ്മത്തെ കൊണ്ടുവയ്ക്കാമെങ്കിൽ ബ്രഹ്മത്തെക്കൂടെ അങ്ങ് നിഷേധിച്ചു എന്താ ആ അത് പറയും നിഷേധിച്ചാൽ ശേഷിക്കുന്നു അത് ശൂന്യം അത് അല്ല അത് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ബ്രഹ്മത്തിന് ഇങ്ങനെ ലക്ഷണം പറഞ്ഞു ബ്രഹ്മത്തിന് എന്താ ലക്ഷണം പറയുന്നത് സത്യജ്ഞാന അനന്തം ബ്രഹ്മം അപ്പൊ ആ അതിനെ ഉപേക്ഷിക്കാൻ പറ്റും ജന്മാന്തസ്യത നിഷേധിക്കാൻ പറ്റും ഏ അങ്ങനെ അപ്പോ നിങ്ങള് പറഞ്ഞ ഞങ്ങൾ പറയു നോക്കണം ബ്രഹ്മത്തിന് ഒരു ലക്ഷണവും പറയാൻ പറ്റിയില്ലെങ്കിൽ അതിനാണ് ഞങ്ങൾ എന്ന് പറയും പക്ഷെ ബ്രഹ്മത്തിന്റെ ലക്ഷണം പറ്റാ പറയാൻ പറ്റത്തില്ലെന്ന് പറയാൻ അധ്വാനിക്കു പറ്റത്തില്ല പറഞ്ഞേ പറ്റും അത് ഇത്രയുള്ളൂ വാച്യമായി വിഷയമാകുന്നില്ലെന്നേ ഉള്ളൂ അവിടെ പറയുന്നത് ഈ പറയുന്നതൊക്കെ ലക്ഷ്യമായി വിഷയമാകുന്നു അതാ പറയുന്നത് വാക്യമായി ഈ പറയുന്നതിന് ശബ്ദത്തിന്റെ വാച്യമല്ല പക്ഷെ ലക്ഷ്യമായി അത് വിഷയമാകുന്നു വാച്യമായി വിഷയമാകുന്നില്ല പാച്യമായി വിഷയമാകാൻ കഴിയത്തില്ല പക്ഷെ അതെന്താണ് ശബ്ദത്തിന് ലക്ഷണാവൃത്തിയിലൂടെ ലക്ഷ്യമായി അത് വിഷയം ആകുന്ന അതാണ് എന്റെ അപ്പോ ലക്ഷണങ്ങൾ എന്റെ അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും സർവ എന്താണ് ശൂന്യം പറയുന്ന എന്താണ് ലക്ഷണമൊന്നും ഒന്ന് ഒരു രീതിയിലും നിൽക്കുന്നത് പറയാൻ പറ്റില്ല നിങ്ങൾ പറയുന്നു ബ്രഹ്മം എന്ന് പറയുന്ന ശുദ്ധാസംബന്ധമാണ് അങ്ങനെ ഒരു വസ്തുവില്ല പിന്നെ നിങ്ങൾ പറയുന്ന വിജ്ഞാനം ബോധം അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാമൊക്കെ അത് മനസ്സിൻ്റെ കാര്യം പറയണമെങ്കിൽ പറയുന്നത് എന്താണ് ദുർബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല സൂക്ഷ്മ ബുദ്ധിയോണ്ട് ഗ്രഹിക്കാൻ അതാണ് ദൃശ്യം അഗ്രയാബുദ്ധിയാണ് സൂക്ഷ്മ ബുദ്ധിയോണ്ട് ഗ്രഹിക്കുന്നതാണ് എന്ത് ആ അത് തന്നെ ഞങ്ങൾ പറയുന്നില്ല നിർവാരം പരമോന്ന് പറയുന്നത് ശൂന്യം ഗ്രഹിക്കാൻ പറ്റില്ല അതിനാണ് ഞങ്ങൾ ചൂദ്യം എന്ന് പറയുന്നത് അല്ല പേര് വിട്ടുകഴിഞ്ഞാൽ ശൂന്യമാവും ലക്ഷണവും പ്രമാണവും വിട്ട് കഴിഞ്ഞാൽ പിന്നെ ശൂന്യമായി പോവും അല്ല നിരുപാതി ശൂന്യം ഒന്നും അദ്വൈതിക്ക് പറയാൻ പറ്റില്ല അദ്വൈതിക്ക് ഒരിക്കലും നിരുപാധിയുമാണ് ശൂന്യം അല്ലെങ്കിൽ ബ്രഹ്മത്തിന് ശൂന്യം ഒന്ന് പേരെഴുതാന്നും അദ്വൈതിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അശൂന്യം പറയുന്നത് പിന്നെ ശൂന്യവും എന്താണ് ബ്രഹ്മം ഒന്നും അദ്വൈതം ഒരിക്കലും പറയത്തില്ല അത് പറയത്തില്ല കാരണം അദ്വൈതി ബ്രഹ്മത്തിന് അദ്വൈതിയുടെ ഓമന ബ്രഹ്മത്തിന് അദ്വൈതി ശൂന്യം എന്ന് പേരുള്ളൂ നല്ല കഥ തിരുവാധി എന്ന് പറഞ്ഞ ശൂന്യമല്ല ശൂന്യെന്ന് പറഞ്ഞാൽ അത് മാധ്യമന്മാരുടെ പക്ഷത്തിൽ ആരും കാരണം നിഷേധിച്ചാൽ എന്ത് ശേഷിക്കുന്നു ശൂന്യം എവര് പറയുന്നെന്താ ശേഷിക്കുന്നതെന്ന് സത്താണ് ശൂന്യം നിർവചിക്കാൻ പറ്റും അത് ശൂന്യം ഇല്ലാത്തതാണ് അതിന് ഒരു ലക്ഷണവും പ്രമാണമൊന്നും പറയാൻ പറ്റില്ല ഇത് ഉള്ളതാണ് ബ്രഹ്മം ഉള്ളതാണ് അത് പിന്നെ ഇല്ലാതെ ഇല്ലാന്നേ പറയാൻ പറ്റൂ ആ അതാണ് ഇല്ലാന്ന് പറയുന്നത് അതായത് അത് ശൂന്യവാര്യെന്ന പറയുന്നത് അദ്വൈനി എങ്ങനെയാണോ ബ്രഹ്മത്വം നിർവചിക്കുന്നത് അതുപോലെ നിർവചിക്കാൻ പറ്റിയ ഒന്നല്ല ശൂന്യമാണ് മനസിലാകും അദ്വൈനി ബ്രഹ്മത്വം നിർവചിക്കുന്നു ഒരുപാട് ലക്ഷണങ്ങളൊക്കെയുണ്ട് ലക്ഷണവും പ്രമാണവും ഉണ്ട് അതുപോലെ നിർവചിക്കാൻ പറ്റി ഒന്നല്ല ശൂന്യം അതാണ് നിർവചിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് അല്ലാതെ ശൂന്യമാണ് ബ്രഹ്മം എന്നല്ല പറയുന്നത് ഏത് അല്ലല്ല ദൂര്യ അനുയോജനീയം പറയുന്നത് എന്താണ് സത്വമെന്നോ അസത്വമെന്നോ നിർവചിക്കാൻ പറ്റിയില്ലെന്നല്ല പറയുന്നു അത് പറയുന്നത് ഈ പറയുന്ന പോലെ ശബ്ദവാച്യമല്ല എന്നുള്ള രീതിയിലാണ് ബ്രഹ്മത്തെ പറയുന്നത് അല്ലാതെ ഞാൻ ശൂന്യവാദി അതല്ല പറയുന്നു ശൂന്യവാദി പറയുന്നത് എന്താണോ സത്ത് അസത്ത് നിങ്ങൾ എന്തൊക്കെ ലക്ഷണം പറയുന്നു ഏതെല്ലാം രീതിയിൽ പറയുന്നു അതിനെല്ലാം നിഷേധിക്കുന്നു നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്താണോ അദ്വൈതിക്ക് ഒന്ന് ശേഷി അതിനെ ഒരു ബ്രഹ്മം എന്ന് പറയുന്നു ശൂന്യവാദിക്ക് ഒന്നു ശേഷിക്കില്ല അത് ശൂന്യം അതെ തന്നെയാണ് അത് അദ്വൈതിക്ക് ശേഷിക്കുന്നത് ശൂന്യവാദിക്ക് ശേഷിക്കുന്നതാണ് ശേഷിക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ധരിക്കും അദ്വൈതിയുടെ എണ്ണം അതല്ല അദ്വൈതിക്ക് എന്താണോ ശേഷിക്കുന്നത് ഒന്നും ശേഷിക്കാത്തതാണ് അതാണ് ശൂന്യ അതാണ് അവിടെ ശേഷിക്കാന്ന് പറയുന്നത് അത് എന്താണ് എത്രയൊക്കെ ശൂന്യവാദ്യം കാരണം ശൂന്യവാദത്തെ ഒരിക്കലും കണ്ടിക്കാൻ പറ്റും അദ്വൈതത്തെ ഭണ്ണിക്കാം ശൂന്യവാദിയെ ഭണ്ണിക്കാം എന്താണ് എന്ത് സ്ഥാപിക്കുന്നു അതിനെ നിഷേധിക്കുന്നതാണ് അദ്വൈതി എങ്ങനെയല്ല അദ്വൈതിക്ക് സ്ഥാപിക്കണം ശൂന്യവാദിക്കൊന്ന് സ്ഥാപിക്കും അവിടെയാണ് അദ്വൈതിക്ക് ബ്രഹ്മത്തെ സ്ഥാപിക്കും എന്തുകൊണ്ട് ജീവിതത്തിന് കാരണമായും ബ്രഹ്മം വേണം ശൂന്യവാദിയെ സംബന്ധിച്ച് ജഗത്ത് ശൂന്യമാണ് അതുകൊണ്ടെന്താണ് ശൂന്യമായ ജഗത്തിന് വേറെ സത്തായ ഒരു കാരണം വരുന്നത് അനുഭവത്തെ അനുഭവത്തെ അനുഭവത്തെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഇവരെല്ലാരും അനുഭവത്തെ നിഷേധിക്കണം ധൈര്യം നിഷേധിക്കുന്നു ശൂന്യവാദിയും നിഷേധിക്കുന്നു രണ്ടുപേരും രണ്ടുപേരും നിഷേധിക്കാം രണ്ടുപേരും പറയുന്ന അനുഭവത്തെ അല്ല അനുഭവത്തെ കുറിച്ച് പറയണെങ്കിൽ ചാർഭാഗം പറയുന്നത് സ്വീകരിക്കട്ടെ ചാർഭാഗം മാത്രമേ എന്ന് പറയുന്നുള്ളൂ അനുഭവത്തെ കുറിച്ച് പറയുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം പറയുന്നത് നിങ്ങള് അടുത്തടുത്തു പറയും അനു അനുഭവ അതീതം വരമാ അതിന്റെ അനുഭവത്തെ പിടിച്ച് ചെയ്യിക്കാൻ പറ്റി നേരം വളരെ അവസാനിപ്പിക്കാൻ